ും ഭോക്താവുമായ ആത്മാവെന്ന് ജ്ഞാനകാന്ഡത്തിൽ പറയുന്നത് നിത്യമുക്തമായ ആത്മാവെന്ന് ഒരിടത്ത് പറയുന്ന ആത്മാവിനെ മറ്റൊരിടത്ത് നിഷേധിച്ചു കർമ്മകാന്ഡത്തിൽ ആത്മാവിനെ ജ്ഞാനകാന്ഡത്തിൽ നിഷേധിച്ചു ജ്ഞാനകാന്ഡത്തിലെ ആത്മാവ് കർമ്മകാന്ഡത്തെ നിഷേധിച്ചു അപ്പൊ ജ്ഞാനകാന്ഡവും കർമ്മകാന്ഡവും പരസ്പര വിരുദ്ധമായി പറയുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും നിഷേധിക്കപ്പെടും അപ്പം വേദവും പറയുന്ന രണ്ട് ഭാഗമായിട്ടാണ് കർമ്മകാന്ഡവും ജ്ഞാനകാന്ഡവും ഒന്നിപ്പറയുന്നതിന് മറ്റിടത്ത് ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നിഷേധിക്കപ്പെടും ഒരു സ്വാമിന്ന് വേറൊരു സ്വാമിയുടെ കുറ്റം പറ ആ സ്വാമിന്ന് ഈ സ്വാമിയുടെ കുറ്റം പറക്കുന്ന ഭക്ത എന്ന് വിചാരിക്കും രണ്ടെണ്ണവും കൊള്ളാത്തമാരാണ് ഞാൻ സാറിന് അതാണത് കുറ്റം പറയുന്ന വിചാരിക്കുമല്ലോ എന്നെ കുറിച്ച് വല്യ അഭിപ്രായമായിരിക്കും കാരണം ഞാൻ അയാളുടെ കുറ്റം പറഞ്ഞായിരുന്നു പക്ഷെ അയാളെയെന്ന് തിരിച്ചു ഇയാളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഭക്തരന്റെ മനസ് എന്താന്ന് രണ്ടെണ്ണവും അതിന് പഴയൊരു കഥയുണ്ടല്ലോ ഒരു സന്യാസി രണ്ട് സന്യാസിമാരൊരു വീട്ടിൽ ചെന്നത് ഓർമ്മയുണ്ടോ കഥ ഓർമ്മകളൊക്കെ കേട്ടിട്ടുള്ളത് കണ്ട് കേട്ടിട്ടുണ്ടോ ഓർമ്മയുണ്ടോ രണ്ട് സന്യാസിമാര് ഒരു വീട്ടിൽ ചെന്ന് ഒരുമിച്ചെന്നത് വീട്ടില് ഉച്ചക്ക് ഭക്ഷണത്തിന് അപ്പോ ഒരാൾ കുളിക്കാൻ പോയപ്പോൾ മറ്റേ ആൾ ചോദിച്ച് മറ്റയാളെങ്ങനെയാണെന്ന് ചോദിച്ചത് അവൻ വെറുതൊരു കഴുതയാണെന്ന് പറഞ്ഞു അവൻ വെറുതൊരു കഴുതയാണെന്ന് പറഞ്ഞു ഇങ്ങനെ എൻ്റെ കൂടെ വന്നു എന്നുള്ളതാണോന്ന് പറഞ്ഞു ഉടനെ അത് കഴിഞ്ഞ് അയാളിങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇയാൾ കുളിക്കാൻ പോയി അപ്പോൾ ഇയാൾ ചോദിച്ചു ആ പോയ സ്വാമി ആരാണെ അവൻ വെറുതൊരു കാളയാണെന്ന് അമ്മ ഒരു കാളയാണെന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടു കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാരനെന്തെയ്തു ഒരു പാത്രത്തിൽ പിണ്ണാക്കുവെച്ച് ഭാഗ വേറൊരു പാത്രത്തിൽ പുളി പുളി പുളിയരിയും വേവിച്ച് വെച്ച് വേവിച്ച് എന്തെങ്ങനെ വെച്ചാൽ പറഞ്ഞ് ഇത് കാളയ്ക്കും മറ്റത് കഴതയ്ക്കും ഗൃഹസ്ഥ അങ്ങനെ അതുപോലെ സന്യാസിമാരിങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടെന്ന് കഴിഞ്ഞാൽ പറഞ്ഞ് നടക്കുന്നതിന് യാതൊരു മാർക്കറ്റും ഉണ്ടാവത്തില്ല അവന്റെ മാർക്കറ്റ് പിടി പറയുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം മൂന്നാമൊരാളടുത്ത് പറയാൻ പറയും പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാരടുത്ത് പറഞ്ഞാൽ വില പോവും അധുവാൻ ഇവിടെ പൂർവ്വാണ്ഡം ഒന്ന് പറയുന്നു ഉത്തരകണ്ഡം പറയുന്നു പൂർവാകണ്ഡം പറയുന്നു ആത്മാവ് കർത്താവാണ് ഉത്തരകണ്ഡം പറയുന്നു അകർത്താവാണ് ചുരുക്കത്തിൽ രണ്ടും പരസ്പര വിരുദ്ധം ും പ്രമാണമല്ലാതായി തീരും അതുകൊണ്ടു ഭാഷ്യത്തിൽ പറയുന്ന എന്താണ് തഥാഭൂത ആത്മവിജ്ഞാന പ്രവർത്തമാനം ശാസ്ത്രം വിദ്യാപത് വിഷയ ശാസ്ത്രം അത് പൂർവകാന്ഡമായാലും ശരി ആത്മവിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രാക്ചാഭൂതാത്മവിജ്ഞാന നേരത്തെ പറഞ്ഞു തഥാഭൂതാത്മവിജ്ഞാനം എന്ന് പറഞ്ഞാൽ അകർത്താവും അഭോക്താവുമായിട്ടുള്ള ആത്മവിജ്ഞാനം തഥാഭൂതാത്മവിജ്ഞാനം അതിനു മുമ്പ് പ്രവർത്തമാനം പ്രാക് പ്രവർത്തമാനം ശാസ്ത്രം അതിന് മുമ്പുള്ള ശാസ്ത്രം ഒരാൾക്ക് ആത്മബോധം ഉണ്ടായി അത് കൊടുക്കുക അതിനു മുമ്പ് ശാസ്ത്രം എന്ന് പറയുന്നത് വിഷയത്വം അവിദ്യ വിഷയത്തിന് അധിക അത് അവിടെ അവിദ്യ ഉള്ളവരെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ശാസ്ത്രം അത് ഉപനിഷത്തായാലും ശരി കർമ്മകാണ്ഡമായാലും ഏത് ശാസ്ത്രമായാലും ആത്മാവിനെ ണെന്നറിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവ് അകർത്താവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു പിന്നെ അയാൾക്ക് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട് ശാസ്ത്രത്തിൽ നിന്ന് അയാൾ അറിയേണ്ട അറിഞ്ഞു കഴിഞ്ഞു പക്ഷേ അത് പൂർവകാന്ഡമായാലും ശരി വൻഷത്വമായാലും ശരി കർമ്മകാന്ഡമായാലും ശരി ജ്ഞാനകാന്ഡമായാലും ശരി അങ്ങനെ അറിയുന്നത് വരെ എന്ന് പറയുന്നതിന് എന്താ കാരണം പഴയ രീതി അനുസരിച്ച് പറയുന്ന പഴയ കാലത്തെന്ന് അവിടെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ മൂന്ന് ജാതികളാണ് വേദം അധ്യയനം ചെയ്യുന്നത് അവർക്ക് അവരൊരു പറഞ്ഞിരിക്കുന്ന സമയത്ത് അഞ്ചാമത്തെ വയസ്സിൽ ബ്രാഹ്മണനെ ഉപനയനം ചെയ്യിക്കുന്നു ഏഴാമത്തെ വയസ്സിൽ ക്ഷത്രിയന് അങ്ങനെ കണക്കുണ്ട് അപ്പം ആ കണക്കനുസരിച്ച് ഉപനയനം ചെയ്ത് വേദം പഠിക്കുമ്പോൾ അവർ പൂർവ്വകാണ്ഡവും ഉത്തരകാണ്ഡവും എല്ലാം പഠിക്കുകയാണ് അപ്പൊ പൂർവ്വകാന്ഡം ഏതാ അധ്യയനം ചെയ്തു അധ്യയനം ചെയ്തെന്ന് വെച്ചാൽ കേട്ടുപഠിക്കുക ഉത്തരകാണ്ഡം അധ്യയനം ചെയ്തു ചെയ്തു കേട്ടുപഠിച്ചു അതുകൊണ്ട് അവർക്ക് ആത്മബോധമൊന്നും ഉണ്ടാവത്തില്ല അപ്പോ അങ്ങനെ ചൊല്ലിപ്പടിച്ച ഒരുവനും ശാസ്ത്രമുണ്ട് അവന് വന്നുകൊണ്ട് പൂർവ്വകാണ്ടും ഉത്തരകാണ്ടു അവന് അജ്ഞനാണ് അവനെ ആശ്രയിച്ചു തന്നെയാണ് ശാസ്ത്രം അപ്പോൾ ഏത് കാണ്ഡമായാലും ശരി ഒരാൾക്ക് ആത്മബോധം ഉണ്ടായോ ആത്മബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രം അവനെ ആശ്രയിച്ചിരിക്കുന്നില്ല അർത്ഥം എന്നുവെച്ചാൽ അവിദ്യ അവനില്ല അപ്പൊ അവിദ്യയുള്ളവനെ ആശ്രയിച്ച് ശാസ്ത്രം ബോധം ഉണ്ടായി കഴിഞ്ഞാൽ അവിദ്യയില്ല അവിദ്യ ഇല്ലെങ്കിൽ പിന്നെ ആശ്രയിച്ച് ശാസ്ത്രം നിലനിൽക്കുന്നില്ല എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യ ഭാഷയത്തിൽ പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത് എന്തല്ല പറഞ്ഞത് എന്നത് അതായത് ഇവിടെ ഭാഷത്തിലെ ഒരു കാര്യം പറഞ്ഞു ഭാഷ്യത്തില് തസ്മാത് അവിദ്യാവധി വിഷയ പ്രത്യക്ഷാൻ ശാസ്ത്ര ഇതുവരെ അതാണ് അവിദ്യയുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ ശാസ്ത്രങ്ങൾ അതിന് ശാസ്ത്രത്തെപ്പുറത്തേ എടുത്ത് പറയും അപ്പൊ ചോദിച്ചു ശരി പ്രത്യക്ഷാദികളെല്ലാം അവധ്യുള്ളവനെ ആശ്രയിച്ചാണെന്ന് പറയാം സമ്മതിക്കാം പിന്നെ ശാസ്ത്രങ്ങളെങ്ങനെ അവധ്യമുള്ളതിനെ ആശ്രയിച്ചിരിക്കും അത് വിശദീകരിക്കണമെന്ന് പറഞ്ഞു അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചിട്ടാണ് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ ശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞു ആത്മബോധമുള്ളവനെ സംബന്ധിച്ചും എന്താണ് പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ പക്ഷിമൃഗാദികളെ പോലെ തന്നെ ആത്മബോധമുള്ളവനും അപ്പൊ ആത്മബോധം ആണെങ്കിൽ അവിടെ അവിദ്യയില്ലല്ലോ ആത്മബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവിധ്യണ്ടാ പക്ഷെ ആത്മബോധമുള്ളവനും പ്രത്യക്ഷാദി വ്യവഹാരം വരുമ്പോ അത് പക്ഷിമൃഗാദികളെ പോലെ എന്ന് പറഞ്ഞു അപ്പൊ ആത്മബോധമുള്ളവന് അവിദ്യയില്ല പിന്നെ അവൻ പക്ഷിമൃഗാദികളെ പോലെ എങ്ങനെ വ്യവഹരിക്കും അതാണ് ഇവിടെ തർക്കം വരുന്നത് അപ്പവിടെ തത്കാല സമാന അധ്യാസമുള്ളപ്പോ വ്യവഹാരങ്ങളുണ്ടാവും അപ്പൊ അവിദ്യ നശിച്ച പിന്നെ അധ്യാസം ഉണ്ടാവും അവിദ്യയാണ് അധ്യാസം ഇവിടെ പറയുന്ന അനുസരിച്ച് അത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല കൂടുതൽ ഇതിനെ സംബന്ധിച്ച് കൂടുതലിവിടെ ചർച്ച ചെയ്യുന്നില്ല ഇവിടെ ഇത്ര പറഞ്ഞു തത്വജ്ഞാനമുള്ളവനും പക്ഷിമൃഗാദികളെ പോലെ ആണ് പ്രത്യക്ഷാദി വ്യവഹാരം പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ അതുപോലെയാണ് ഇവിടെ ചോദിക്കുന്നു അങ്ങനെ വിത്പത്തി ഉള്ളവൻ ആത്മബോധമുള്ളവന അവിദ്യയില്ലല്ലോ എന്ന് വെച്ചാൽ അത്യാസമില്ല പിന്നെ എങ്ങനെ വ്യവഹാരം സംഭവിക്കും എന്നൊരു ചോദ്യത്തിനൂടെ സമാനം പറയുന്നില്ല അവര് ചോദ്യം ഇവിടെ അഡ്രസ് ചെയ്യുന്നില്ല മുമ്പോട്ട് വരുമ്പോൾ പറയും അതിനെന്താ സമാനം പറയുന്നത് തത്വം ഞാനുണ്ടായി കഴിഞ്ഞാൽ അധ്യാസം ദിക്കും അധ്യാസം ഉള്ളത് കൊണ്ടാണ് വ്യവഹാരം അപ്പോ തത്വം ഞാനുണ്ടായ അധ്യാസം എന്ന് പിന്നെ വ്യവഹാരം ഉണ്ടാകാൻ പാടില്ല അധ്യസ്യ വ്യവഹാരമെന്ന് നേരത്തെ പറഞ്ഞു പിന്നെ വിപത്തി ഉള്ളവനും തത്വജ്ഞാനം ഉള്ളവനും പക്ഷിമൃഗാദികളെ പോലെ വിവഹരിക്കുന്നു എന്റെ അടുത്ത് അവൻ്റെ അധ്യാസം ഉണ്ടെന്നില്ലേ അപ്പൊ ജ്ഞാനം കൊണ്ട് അധ്യാസം നശിച്ചിട്ട് പിന്നെയും എങ്ങനെ പറയുന്നത് അവന് വ്യവഹാരമുണ്ട് അപ്പൊ അവസം കൊണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും അവന്റെ ആ ഒരു ചോദ്യം ഇവിടെ പറയുന്നില്ല പിന്നെ ജ്ഞാനത്തെ സംബന്ധിച്ചിവിടെ രണ്ടു തരത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു ഒന്നെന്താണ് കർത്താവും ഭോക്താവുമായ ആത്മാവിനെ കുറിച്ചുള്ള ഞാനും മറ്റൊന്ന് അകർത്താവായ ആത്മാവിനെ കുറിച്ചുള്ള ഞാനും അല്ല സാധാരണ പറയുന്ന പോലെ പരോക്ഷ അപരോക്ഷ ജ്ഞാനം ഇവിടെ പറയുന്നില്ല ഈ ഭാഗത്ത് പറഞ്ഞത് രണ്ടു തരത്തിലുള്ള ജ്ഞാനത്തെ പറയുന്നു അങ്ങനെ സംഭവിക്കും ആത്മാവിന് ഒരാൾ കർത്താവ്ന്നറിയാം ഒരാൾ ആത്മാവിന് അകർത്താവെന്നറിയാം അപ്പോ വിൽപ്പത്തി എന്ന് പറയുന്നത് കൊണ്ട് ഞാനും എന്തു തരം ഞാനുമാണ് ആത്മാവിനെ കർത്താവായി അറിയുന്നതാണോ അതെ അകർത്താവായി അറിയുന്നതാണ് എന്തറിവുണ്ടായി കഴിഞ്ഞാലാണ് അവന് അറിവുണ്ടായാലും പക്ഷിമൃഗാദികളെ പോലെ പ്രമാണ പ്രവഹാരം എന്ന് പറയുന്നത് എന്തറിവുണ്ടായതിനു ശേഷമാണ് അതൊന്നും നേരിട്ട് ചോദ്യ ഉത്തരവിടെ പറയുന്നില്ല എന്നാലിവിടെ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ പറയുമ്പോൾ പ്രത്യക്ഷാതി വ്യവഹാരം എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ വ്യവഹാരത്തെ പ്രത്യേകം എടുക്കുന്നു വൈദിക വ്യവഹാരം ശാസ്ത്രീയ വിവാരം എന്ന് വെച്ചാൽ വൈദിക വ്യവഹാരം അവിടെ ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞിട്ട് വ്യവഹരിക്കുന്നു അപ്പൊ അങ്ങനെ ആത്മാവിനെ അറിഞ്ഞിട്ട് ആത്മബോധം ഉണ്ടായാലും വ്യവഹരിക്കുന്നു അവിടെ അധ്യാസം നശിക്കുന്നില്ല അതാണ് പക്ഷിമൃഗാദികളെപ്പോലെ എന്ന് പറയുന്നതിന് അങ്ങനെയൊരർത്ഥം പറയാം ലോകസംബന്ധിയായ ആത്മാവിനെ അറിഞ്ഞിട്ട് ആത്മാവിനെ കുറിച്ച് പോകുന്നുള്ളൂ ഉപനിഷത്തിൽ പറയുന്ന ആത്മാവിനെ അറിഞ്ഞിട്ട് വ്യവഹാരം ഉണ്ടാകും ശാസ്ത്രീയമായ വ്യവഹാരം ഉണ്ടാകും ശാസ്ത്രീയമായ പറയുന്നു അകർത്താവായ ആത്മാവിനെ അറിഞ്ഞാൽ അവിടെ കർമ്മകളുടെ വ്യവഹാരമൊന്നും ഉണ്ടാകത്തില്ല ശരിയുണ്ടാകത്തില്ല സംബന്ധിച്ച കാരണം നേരത്തെ ഞാൻ യുക്തി പറഞ്ഞു ആത്മാവിനെ അകർത്താവണമെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്തൃത്വ ബുദ്ധിമുട്ടിയോട് ഉള്ള വ്യവഹാരങ്ങളൊന്നും സംഭവിക്കത്തില്ല പക്ഷെ അവിടെ ഒരു ചോദ്യം വരും അങ്ങനെ ആത്മാവിനെ അകർത്താവാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷ വ്യവഹാരം സംഭവിക്കും പ്രമാണ പ്രമേയ ആ ചോദ്യത്തിനൂടെ ഉത്തരം പറയുന്നില്ല ഇവിടെ ആശയത്തിൽ ചർച്ച ചെയ്യും അപ്പോ ഇപ്പോഴത്തെ ജ്ഞാനം എന്ന് പറയുന്നത് കർത്താവായി അറിഞ്ഞാലും ശരി അകർത്താവായി അറിഞ്ഞാലും ശരി അവിടെ ശാസ്ത്രീയമായ വ്യവഹാരം എന്ന് പറയുമ്പോൾ കർമ്മം അത് വ്യവഹാരം ഉണ്ടാകത്തില്ല ആത്മാവിനെ അകർത്താവായി അറിഞ്ഞുകൊണ്ട് പിന്നെ എന്താണ് കർമ്മകാണ്ഡത്തിൽ പ്രവർത്തിക്കുന്നത് പക്ഷെ ആത്മാവിനെ അകർത്താവ എന്നറിഞ്ഞാലും അവൻ്റെ പ്രത്യക്ഷമായ വ്യവഹാരം സംഭവിക്കും പ്രത്യക്ഷാദി വ്യവഹാരം കാരണം അങ്ങനെ ആത്മാവാണെന്ന് അറിഞ്ഞവൻ ആത്മാവ് അകർത്താവാണെന്ന് അറിഞ്ഞവൻ ശിഷ്യനോട് പറയണ്ടേ ശിഷ്യനോട് പറയുമ്പോൾ അവിടെ വ്യവഹാരം സംഭവിക്കുകയാണ് പ്രത്യക്ഷാദി വ്യവഹാരം ശിഷ്യനെ അവനോട് ഉപദേശിക്കണം അവിടെ ആ ഉപദേശിക്കുന്നവെല്ലാം മനസ്സേന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കും അപ്പവിടെ പ്രത്യക്ഷാദി വ്യവഹാരം അവിടെ സംഭവിക്കുന്നുണ്ട് ആത്മാവിനെ അകർത്താവായി അറിഞ്ഞാൽ അതുകൂടെ പറയുന്ന കാര്യമില്ല ശരി അപ്പൊ അവിടെ ചോദ്യം പിന്നെ അപ്പൊ അവിടെ അധ്യാസം ഉണ്ടോ കാരണം അധ്യാസം അവിടെ അടുത്താണ് എന്ത് സംഭവിക്കുന്നത് വ്യവഹാരം അപ്പൊ ആത്മാവിനെ അകർത്താവണം അറിഞ്ഞ പിന്നെ അവിടെ അധ്യാസം അല്ലെങ്കിൽ അവിദ്യ ഉണ്ടോ ഏ പിന്നെങ്ങനെ വ്യവഹാരം സംഭവിക്കും അവിദ്യ വരാൻ പാടില്ല ആത്മാവിനെ അറിഞ്ഞാൽ അവിദ്യ അല്ലെങ്കിൽ അധ്യാസം ാണ് വ്യവഹാരം സംഭവിക്കുന്നത് പ്രവൃത്തി അപ്പൊ ആത്മാവിനെ അറിയുന്നവന് അധ്യാസം ഇല്ലെങ്കിൽ പിന്നെ വ്യവഹാരം എങ്ങനെ സംഭവിക്കും അവനെങ്ങനെ ശിഷ്യന് ഉപദേശിക്കും എന്താ പ്രശ്നം വിൽപ്പത്തി എന്ന് വെച്ചാൽ ആത്മാവിനെ അകർത്താവായി അറിഞ്ഞു ഗുരുവായും ശിഷ്യനെ ഉപദേശിക്കുന്നു വ്യവഹാരമാണോ പിന്നെന്താ പറയും എന്താ പറയും പ്രത്യക്ഷാദി വ്യവഹാരങ്ങൾ ഗുരുവായാലും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യു മണക്കുകയും ചെയ്യു സംസാരിക്കും നടക്കും അതൊക്കെയാണ് പ്രത്യക്ഷാദി വ്യവഹാരം അതൊക്കെ ചെയ്യും ആത്മാവാണെന്നറിയുംകർത്താവാണെന്നറിഞ്ഞ ആള് ചോദിച്ചതിനെത്തിന നടക്കുമോ ഭക്ഷണം കഴിക്കുമോ ആ അപ്പൊ വ്യവഹാരമുണ്ട് അപ്പൊ അധ്യാസം നശിച്ചിട്ട് പിന്നെ എങ്ങനെ വ്യവഹാരം നടക്കും ആ അതാണ് പ്രാരബോന്ന് പറയും അങ്ങനൊരു ആത്മബോധം ഉണ്ടായി അധ്യാസം നശിച്ചു കഴിഞ്ഞാലും വ്യവഹാരം ഇല്ലാതാകേണ്ടതാണ് പക്ഷെ എല്ലാം അധ്യാസം വ്യവഹാരം എന്ന പ്രാരബ്ധ രൂപത്തിൽ മരിക്കുന്നതുവരെ അപ്പോ അതികൂടെ ചർച്ച ചെയ്യുന്ന കാര്യമല്ല ഞാൻ കൂടുതലായി പറഞ്ഞാണ് അതിനാണ് ചന്ദ്രചൻ എന്തു ചെയ്യുന്നത് പ്രാരബ്ധത്തെ സ്വീകരിക്കുന്നത് വ്യവഹാരം നടക്കണമോ അധ്യാസം വേണം ഇപ്പോൾ തത്വജ്ഞാനം ഉണ്ടായതിനു ശേഷം പിന്നെ എങ്ങനെ പ്രത്യക്ഷാധി വികാരം നടക്കുന്നു ചോദിച്ചാൽ ഒരൊറ്റ മറുപടി എന്താണ് പ്രാരബ്ദം അതും നശിക്കുന്നു തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാരബ്ദരൂപത്തിൽ എന്തുണ്ടോ അത് നശിക്കുന്നില്ല ബാക്കിയെല്ലാം നശിച്ചു ഈ ഒരു വഴി എന്ന് പറയുന്നത് അദ്വൈതികള് ശങ്കരാചാര്യം സ്വീകരിക്കുന്നു സംഖ്യന്മാര് സ്വീകരിക്കുന്നു പിന്നാലെ ഈ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നതിനെ പൂർണ്ണമായും വിശദീകരിക്കും ഇവിടെ ആറാം രൂപവും പ്രാബ്ദത്തിൽ ഇതെല്ലാം നീക്കും പ്രാരബ്ദ രൂപത്തിലുള്ള അഭ്യാസവും പ്രാരത്തിലുള്ള നീക്കും മരണം പ്രാരബ്ദാണോ പ്രാരബ്ദം പോലെ പോലെ അദ്വൈതീയുടെ കോഴിക്കടകനാണ് ഇതല്ലെങ്കിൽ പിന്നെ അദ്വൈതമുണ്ട് തീർന്നു പ്രാരബ്ധത്തെ സ്വീകരിച്ചില്ലെങ്കിൽ അദ്വൈതമില്ല എന്തുകൊണ്ട് അതേപോലെ ആത്മജ്ഞാനമാക്കി ഉപദേശിക്കാൻ പറ്റത്തില്ല പക്ഷെ തിയറി അനുസരിച്ച് എന്ത് വേണം ജ്ഞാനമുണ്ടായാൽ അജ്ഞാനം അഭ്യാസം നശിക്കും അവിദ്യ നശിക്കും നശിച്ചാൽ പിന്നെ വ്യവഹാരം പാടില്ല അതാണ് സിദ്ധാന്തം പക്ഷെ ഇവിടെ എല്ലാം നശിച്ചിട്ടും വീണ്ടും വ്യവഹാരമുണ്ട് അപ്പൊ എന്താണ് ചെത്താലും ചാകുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് പാമ്പിനെ പോലെയാണ് തല്ലി കൊന്നാലും അത് ചാകുന്നില്ല അധ്യാസം നശിച്ചിട്ടും നശിക്കുന്നില്ല അതെ നശിക്കുന്നില്ല എന്ന് പറഞ്ഞ അങ്ങനെയാണെന്ന് പറയുന്നത് പ്രാരം അതെങ്ങനെയാ നടക്കുമെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് അനു പിന്നെ കൂടുതൽ ചോദ്യമൊന്നുമില്ല അതങ്ങനെയാണ് അത് അങ്ങനെ സ്വീകരിക്കും സ്വീകരിച്ചേ പറ്റും ഇതാണ് ഇത്ര അദ്വൈതി മുട്ടാ പോക്കിന്യായ മൃഗപ്പിടിക്കുന്ന ന്യായങ്ങൾ ചില കാര്യങ്ങൾ ഇങ്ങനെ അംഗീകരിച്ചേ അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല ്രഹ്മം അതിലൊന്നുമില്ല പ്രാരബ്ദ സഞ്ജിതമൊന്നുമില്ല അത് ബ്രഹ്മത്തിൽ ഇതാണ് പറയുന്നത് ബ്രഹ്മത്തിലൊന്നുമില്ല അതാണ് പ്രാരബ്ദം ഗുരുസഞ്ജിതം ഗിമാകാമി കർമാഭ്യസത്തെന്നൊക്കെ പറയുന്നത് ബ്രഹ്മത്തിലൊന്നുമില്ലെന്നാണ് പക്ഷെ ഒരു ഇവിടെ പറയുന്ന വിപത്തി തത്വജ്ഞാനിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗീകരിച്ച് അത് ാണ് അദ്വൈതം എന്നാലേ അദ്വൈതത്തിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന് ചുരുക്കം അദ്വൈതം പോയി അതിവിടെ പറയുന്നില്ല ഞാൻ കൂടുതലായിട്ട് പറഞ്ഞതാണ് അപ്പോ ഇവിടെ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് പരോക്ഷ അപരോക്ഷം അങ്ങനെയൊന്നുമല്ല ഇവിടെ പറയുന്നത് രണ്ടു തരത്തിൽ കർത്താവും ഭോക്താവുമായ ആത്മാവ് കർത്താവും അഭോക്താവുമായ ആത്മാവ് ഈ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരം സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യത്യാസമുണ്ട് ബ്രഹ്മാണ പ്രമേയ വ്യവഹാരങ്ങൾ പ്രത്യേകാദികളെല്ലാം നടക്കും പക്ഷെ ശാസ്ത്രീയ വ്യവഹാരം നടക്കുകയില്ല ആത്മാവിന് അകർത്തവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു അതുപോലെ ഇല്ല കാരണം അത് പ്രാരബ്ദരൂപത്തിൽ നിക്കത്തില്ല പ്രാരബ്ദരൂപത്തിൽ ഇല്ല ഏത് ശാസ്ത്രീയ വ്യവഹാരം ശാസ്ത്രീയ വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ കർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ വൈദിക വ്യവഹാരം അത് നിക്കത്തില്ല അത് നിക്കാത്തത് കൊണ്ടാണ് അവിടെയാണ് എന്ത് ശങ്കര പറയുന്നത് ആ വൈദിക കർമ്മങ്ങൾ അതിനെന്ത് പറയും വന്നടക്കില്ല അതിനെന്താ ശങ്കരായ പറയുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞ സന്യാസം അപ്പൊ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതാനാം കർമ്മനാം വിധന പരിത്യാഗെന്ന് പറയുന്നതാണ് അവന് വിധിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾ സ്വർഗകാമ യജേത എന്നുള്ള വേദവാക്യത്തിലൂടെ വിധിച്ച കർമ്മങ്ങളെ അവനെന്ത് ചെയ്യുന്നു ഉപേക്ഷിക്കുന്നു എന്തുകൊണ്ട് ആത്മാവിനെ അകർത്താവണെന്നറിഞ്ഞാ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് വേദം വിധിച്ചതായത് അതിനെ ഉപേക്ഷിക്കുന്നതിന് ചില നിയമങ്ങളെ കുറച്ച് ഉപേക്ഷിക്കുന്നു ആ നിയമം എന്താണ് ധനനിയമം ആ നിയമമാണ് സന്യാസ ദീക്ഷ തലമുണ്ടനം ചെയ്യുക യജ്ഞോ ഫീതോ ഉപേക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇത് നമ്മുടെ സന്യാസമുണ്ട് ഇവിടത്തെ അത് ഗുരു പറഞ്ഞ സന്യാസം ഈ പറയുന്ന പാരമ്പര്യ സന്യാസം അപ്പോ അത് കർമ്മം ചെയ്യാൻ അധികാരിയുള്ളവന് ഇനി കർമ്മം ചെയ്യാൻ പറ്റില്ല എന്നറിയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു അതിനുപേക്ഷിക്കുന്നു അങ്ങനെ ഉപേക്ഷിക്കുന്നതാണ് ശരിക്കുള്ള സന്യാസം എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് സന്യാസം അത് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് അത് ബ്രാഹ്മണന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ കാരണം അവനാണ് അധികാരി മുഖ്യമായ അധികാരി വേറെ അധികാരികളുണ്ടെങ്കിൽ അതാണ് പറയുന്നത് അപ്പൊ ആ സന്യാസം ബ്രാഹ്മണനെ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് അപ്പൊ സന്യാസംന്ന് പറയുന്നത് നമ്മള് എന്താണ് ഇവിടത്തെ കാര്യം ഓക്കെ ഇവിടെ എന്താണോ നടക്കുന്നത് ഒരു പറഞ്ഞ അനുസരിച്ച് നടക്കുന്നത് എന്നാലും നമ്മൾ ഈ ചെയ്യുന്നതാണ് സന്യാസം ഈ ശാസ്ത്രങ്ങളിൽ പറയുന്ന ധരിച്ചടയരുത് നാലഞ്ചു വർഷം കൂടെ ഒന്ന് ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യാലയത്ത് പഠിക്കുക പഠിച്ചതിന് ശേഷം എന്താണ് ബ്രഹ്മവിദ്യാലയത്തിൽ നാലഞ്ചു വർഷം പഠിച്ചതിനു ശേഷം പിന്നെ മുട്ടയൊക്കെ അടിച്ച് പിന്നെ പ്രഭാഷം പ്രസംഗമായിട്ട് കിടക്കുന്ന സന്യാസം കൂടിയ സന്യാസം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിട്ടുണ്ടല്ലോ അതല്ല ശാസ്ത്രത്തിൽ പറയും നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ വിശ്വസിച്ച് ഏറ്റവും നല്ല സന്യാസം അത് വേണമെങ്കിൽ ഗുരു പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നു പറയാം കൊഴപ്പം പക്ഷെ ശാസ്ത്രങ്ങളിൽ പറയുന്ന സന്യാസം ഇതൊന്നുമല്ല അവിടെ അകർത്താവാണ് ആത്മാവെന്ന് അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വിധിപ്രകാരം ഉപേക്ഷിക്കുന്നു അപ്പോൾ വിത്പത്തിയുള്ള മനുഷ്യനും എന്താണ് ശാസ്ത്രീയ വ്യവഹാരത്തിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതൊന്നും ചെയ്യത്തില്ല പക്ഷെ ബാക്കി അവന് പ്രാരബ്ദ വരുന്ന അത്യാസവും പ്രാരബ്ദ വരുന്ന വ്യവഹാരങ്ങളും എല്ലാം നടന്നുകൊണ്ടേയില്ല മറ്റത് ഉപേക്ഷിച്ചുകൊണ്ട് പിന്നെ അതില്ല ഏത് വിഹിത ചെയ്തവൻ ഉപേക്ഷിച്ചു അതുകൊണ്ട് വൈദിക അപ്പൊ നമ്മള് സാധാരണ പോരാറുണ്ടല്ലോ സന്യാസി ആയി കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ത് ആൾക്കാർ പറയില്ല ഹോമം ചെയ്യാൻ പാടില്ല പിന്നെ ഇങ്ങനെ പൂജകളൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ അസംബന്ധമാണ് ഇതിനെ അറിയാൻ പറയുന്നു ഗായത്രി ജീവിക്കേണ്ടതില്ലെന്ന് പറയുന്ന ഗായത്രി ഇതൊക്കെ പഴയ ആ പറയുന്നതൊക്കെ എന്താ അടിസ്ഥാനത്തിൽ ആ ബ്രാഹ്മണന്റെ നിയമങ്ങൾ അനുസരിച്ച് പറയുന്നതാണ് അതൊക്കെ ശൂദ്രന്മാർക്ക് അതൊന്നും യാതൊരു ബാധവുമില്ല ശൂദ്രന് എന്തു ചെയ്യാം ഗായത്രി എനിക്ക് അവകാശമില്ല ഇനി ഞങ്ങൾക്ക് അവകാശം ഉണ്ട് നമ്മൾ ശൂദ്രൻ ചാടി കയറി ജവിച്ച ജപിക്കാം ചങ്കൂറ്റം കൊണ്ട് രാമായണം വായിക്കുന്നു വേണമെങ്കിൽ ഗായത്രി ജപിക്കാം വീണ്ടും ഹോമം വേണമെങ്കിൽ ചെയ്യാം പൂജ വേണമെങ്കിൽ ചെയ്യാം അത് ഇതുമായി പറയുന്ന ശ്വാസങ്ങളിൽ പറയുന്നതായിട്ട് ഒരു ബന്ധമില്ല അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് അതുകൊണ്ട് പിന്നെ സന്യാസിയായി കഴിഞ്ഞാൽ പൂജ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിരർത്ഥമില്ല അത് വേ ഇതുറേ എന്ന് മനസിലാവുന്നു ആ ബ്രാഹ്മണ നിയമങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല മനസ്സിലാവേജി പറയാന അതാ പറയുന്നു ബ്രാഹ്മണ നിയമങ്ങൾ ആണ് ഈ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് ഇവിടുത്തെ സന്യാസത്തിനോ ഇവിടത്തെ കാര്യങ്ങൾക്കോ ഇതുമായിട്ടൊരു ബന്ധമുണ്ട് നിങ്ങൾക്ക് ഇവിടെ സന്യാസി വിചാരിച്ചു കഴിഞ്ഞാൽ തലവുത്തിയാണെങ്കിൽ നീക്കാൻ കുഴപ്പമൊന്നുമില്ല മനസിലാവേ അതിന് ഈ കർമ്മം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ആ മറ്റേ അത് ഇതും കൂടെ കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടാകത്തില്ല ഇത് ഇവരുടെ വ്യാഖ്യാനം അനുസരിച്ചാർ ഈ ശാസ്ത്രങ്ങൾ കഴുകിയിരിക്കുന്നവരുടെ വ്യാഖ്യാനം അനുസരിച്ച് ഇവിടുത്തെ സന്യാസംന്ന് പറയുന്നത് എന്താണ് ശൂദ്രസന്യാസം മനസ്സിലായ ശൂദ്ര സന്യാസത്തിൽ എന്തു വേണോ ചെയ്യാം അത് അവരവര് തീരുമാനിക്കുന്നതാണ് ശാസ്ത്രം അനുസരിച്ചല്ല പോകുന്നു ശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ ഇത് പാടില്ല ശാസ്ത്രജ്ഞ പറഞ്ഞിരിക്കുന്നതിനെ വേറെ മനസ്സിലാക്കണം ഇന്ന് നടക്കുന്ന ഈ സന്യാസത്തെ വേറെ മനസ്സിലാക്കണം രണ്ടും ഒന്നല്ല അതുകൊണ്ട് അതി പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വിവരദോഷികളാണ് എഴുതിയിരിക്കില്ല ഏത് ഏത് ശാസ്ത്ര സന്യാസം ആ അതെന്നവര് പറഞ്ഞു ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നു മനുഷ്യന് സംശയമുണ്ട് അതുകൊണ്ടെന്താ മനുഷ്യൻ പറഞ്ഞു മനുഷ്യൻ പറഞ്ഞാ പറയുന്നു ഇതൊക്കെ വേറെ തിരിച്ചു മനസ്സിലാക്കണോന്നുള്ളതാണ് ആ അതിനുവേണ്ടി പറയുന്നു അല്ല മനുഷ്യന്റെ മൃഗങ്ങൾ പറയുന്നു ഇതൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന കുറുക്ക നിലാകത്തിറങ്ങിയ എന്താണ് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടി പറയുന്നതാണ് ശരിയോ തെറ്റോന്നുള്ളതല്ല മനസിലായോ ഏതാണ് ശരി ഏതാണ് തെറ്റോന്നുള്ളതല്ല ഞാൻ പറയുന്നു സംഗതികൾ എവിടെ കിടക്കുന്നു എന്റെ കിടപ്പ് വശം മനസ്സിലാക്കണം അതിനു വേണ്ടി എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട് അത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു ശാസ്ത്രത്തിൽ സൂത്ര സന്യാസം പറയുന്നു അംഗീകരിച്ചിട്ടേ ന്യാസം ആകാന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അതുവേരൊക്കെ ഇവരാരും അംഗീകരിക്കുന്നത് ഈ ശാസ്ത്രം വെച്ചിരിക്കുന്നവരാണ് ഗായത്രി എന്ന് പറയുന്നത് വേദമാണ് വേദം ചൊല്ല ആർക്കൊക്കെ അവകാശം ആർക്കൊക്കെയാണ് ബ്രാഹ്മണൻ ക്ഷത്രിയും മൈസ്യം മൂന്നുപേരൊക്കെ ഉള്ളു അല്ലാത്തവർക്ക് ഗായത്രി വന്ന അവകാശമില്ല അപ്പൊ ഗായത്രി ചൊല്ലാൻ അവകാശം ഇല്ലാത്തവർ പിന്നെ ത്യജിക്കുന്നു ത്യജിക്കുന്നില്ലെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം പിന്നെ ഗായത്രി ചൊല്ലാമോ അത് ത്യജിക്കണോ ത്യജിക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നതിന് വല്ല കാര്യമുണ്ടോ ചൂദന്മാർക്ക് അത്ര ചോദ്യത്തിനൊന്നും യാതൊരു ലൈസൻസും ചോദ്യത്തിനേ അർത്ഥമില്ല കാരണം മൂന്ന് കൂട്ടറൊക്കെ ഉള്ളൂ ഗായത്രി ആർക്കൊക്കെ ബ്രാഹ്മണൻ പൈസ അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം മനസ്സിലാക്കണം എന്താണ് ഭാഷവും ഭാവനയും കൂടെ വെച്ച് നോക്കുമ്പോ പിന്നെ ഈ സൂത്രന്മാർക്ക് ആകെ ഒരു സമാധാനുള്ള എന്താണ് അല്ല അത് ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തിണ്ട് ഗുരു പറഞ്ഞത് ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഗുരുവിന്റേതായ സമ്പ്രദായം ഉണ്ടാക്കി ഗുരുവിന്റേതായ രീതി പറഞ്ഞു അത് ഗുരുവിനെ പിന്തുടരുന്നവർക്ക് അത് ചെയ്യാം അതിന് ഇതുമായിട്ടൊന്നും ഈ ശാസ്ത്രങ്ങളുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല അതല്ല ചൂദന്മാർക്ക് പിന്നെ ഇടയ്ക്കൂടെ കടന്നു കയറാനുള്ള വഴിയുള്ള എന്താണ് അത് ബ്രാഹ്മണൻ ക്ഷേത്രത്തിന് വൈസിനൂത്രൊക്കെ പറയുന്നത് ഗുണകർമ്മം അനുസരിച്ചിട്ടാണ് ഗുണവും കർമ്മവും അനുസരിച്ചിട്ടാണ് പറയുന്നു ആ പറയുന്നു എന്ന് പറയുമ്പോ എന്താണ് ഞങ്ങള് സൂദ്രന്മാരല്ല ഞങ്ങളൊക്കെ ആരാണ് ബ്രാഹ്മണന്മാരാണെന്നുണ്ട് ഞങ്ങളുടെ ഗുണവും കർമ്മവും ഒക്കെ ബ്രാഹ്മണൻ്റെതാണെന്ന് പറഞ്ഞ് അവകാശം സ്ഥാപിക്കുന്ന ആരും കാര്യമൊന്നുമില്ല അതൊക്കെ ചുമ്മാ പറയുന്ന എന്ത് ഗുണകർമ്മം അനുസരിച്ച് ബ്രാഹ്മണന് അങ്ങനെയൊന്നുമില്ല ഗുണകർമ്മം പറയുന്ന എന്താണ് ബ്രാഹ്മണന് നല്ല ഗുണവും കർമ്മവും ആണ് ക്ഷത്രിയന് കുറച്ചുകൂടെ മോശം കർമ്മവും കൂടും വയസ്സന് അതിലും മോശം കർമ്മവും കൂടും ക്ഷത്രിയന് ഗുണവും കർമ്മവും ഇല്ല ശൂദ്രന് ഇത്രയാണ് എന്റെ അർത്ഥം അല്ലാതെ ആ ഒരു ഗുണവും കർമ്മവും അനുസരിച്ച് ബ്രാഹ്മണനൊന്നും ആകത്തില്ല അങ്ങനെയൊക്കെ പറയുന്നവര് ശൂദ്രന്മാർക്ക് അങ്ങോട്ട് കേറാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അല്ല അതിനും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഇത് പറഞ്ഞിട്ട് ശൂദ്രന്മാരിങ്ങനെ നിർവൃതി അടഞ്ഞിട്ടില്ല ഞാനും ബ്രാഹ്മണനാണ് ഇപ്പൊ കേരളത്തിൽ കുറെ ശൂദ്ര സന്യാസിമാര് തിലങ്ങും വിലങ്ങും നടക്കും ഇവരെല്ലാം ഇപ്പൊ പ്രസംഗിച്ചോണ്ട് നടക്കുന്ന എന്താണ് ഞങ്ങളൊക്കെ ബ്രാഹ്മണരാണ് അത് കേരളത്തിലെ വേറെ വടക്കേന്ത്യ പോയി കഴിഞ്ഞാൽ പറയത്തില്ല പറഞ്ഞാൽ അവരെ പിടിക്കും ടങ്ങണം തന്ത്രി ഉദ്ഘാടനം ചെയ്ത അയാൾക്ക് വിവരമുണ്ട് അയാൾക്ക് ബോധം വന്നു തുടങ്ങി എന്തോ പുല പുല എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു അമ്പലത്തിൽ പോയി പിന്നെ അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ പുലയ പുലേന്ന് പറയാം എന്തെങ്കിലും ഉണ്ടോ മരിച്ചയാൾ അളക്കിയ കഴിഞ്ഞു ഇയാൾ കയറി അമ്പലത്തിൽ പോയി പോയി അട കണക്ഷൻ എന്താ വീട്ടിൽ അമ്പലത്തിൽ കയറിയിരിക്കുന്ന ആളും മരിച്ചയാളും തമ്മിൽ കണക്ഷൻ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ അതുകൊണ്ടെങ്കിൽ അതുകൊണ്ട് അയാൾ എങ്ങനെ ചെയ്തെങ്കിൽ മെടുക്കാം അത് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന ഒരു ബോധമില്ലാത്ത ആൾക്കാർ അന്ന് പതിനെട്ട് ഇരുപതും മുപ്പതും ദിവസമൊക്കെ പോലെ ആചരിച്ച് കൊണ്ട് നമ്പൂരിമാരെ എഴുതി വച്ച അനുസരിച്ചപ്പോ അവരോട് പറഞ്ഞ് അങ്ങനെയും ചെയ്യണ്ട ഇത്രയും ചെയ്താൽ അത് മനുഷ്യന്റെ അറിവില്ലായ്മക്ക് ഒരു ചെറിയ മരുന്നുള്ള രീതിയിൽ ഗുരുദൈവം പറഞ്ഞ കാര്യങ്ങളാണ് പലതും അതിനപ്പുറം അതിനകത്ത് വേറെ കാര്യമൊന്നും കാലം കഴിയുമ്പോൾ ഇതൊക്കെ മാറുമെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുമുണ്ട് ഇതൊക്കെ തൽക്കാലത്തേക്ക് പറഞ്ഞ ഒരു മറുമരുന്നാണ് ഇതൊക്കെ വേറെ അസംബന്ധമാണെന്നും ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനൊന്നും ഒരു കാര്യമില്ല എന്താണ് ഇപ്പൊ എന്താണ് ഇപ്പൊ ഇപ്പൊ ഒരാള് പൂജിക്കുന്നു പൂജ ചെയ്യുന്നു അയാൾക്ക് അതിൽ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അയാള് ചെയ്യുന്നു അതിനുള്ള ബ്രാഹ്മണനോ ശൂദ്രനോ ഒന്നുമല്ല മനുഷ്യൻ മനുഷ്യനായോണ്ട് ചെയ്യുന്നു മനുഷ്യനോട് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള അവകാശമുണ്ട് അത്രയാണ് അപ്പം ബ്രാഹ്മണൻ ക്ഷത്രിയും മേയ്ശയും ശൂദ്രും കൊണ്ടുവരേണ്ട യാതൊരു കാര്യമുണ്ട് മനുഷ്യർക്ക് ഇപ്പം എല്ലാത്തോടും ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട് അപ്പോൾ ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാം എന്നും കണ്ടാൽ അവർ ഇന്നത്തെ രീതിക്ക് ഒരു പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അതാണ് മനുഷ്യനും ജാതി ഭേദമില്ല മനുഷ്യനാണ് അപ്പൊ മനുഷ്യനും ചെയ്യാൻ വിശ്വാസം ഉണ്ടെങ്കിൽ അവകാശമുണ്ട് അപ്പൊ അവന് ചെയ്യാം അതിനെന്തിനകും ബ്രാഹ്മണനാകുന്നു ബ്രാഹ്മണനാകേണ്ട കാര്യം മനുഷ്യനായ ഇതൊക്കെ ചെയ്യുന്നവിടെ ബ്രാഹ്മണക്ഷേത്രം വൈശൂദെന്നുള്ള ഭേദം കളയണം എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം അവന് ചെയ്യാനുള്ള അവന് വിശ്വാസം വേണം അവന് ചെയ്യാനുള്ള അറിവ് വേണം അവൻ ചെയ്യാം അതിനവന് ബ്രാഹ്മണനോ സൂത്രനോന്നു പോകേണ്ട കാര്യം മനുഷ്യനായാവും മനുഷ്യഭാവായ മതി ചണ്ടാളഭാവ എന്തിനാകും ബ്രാഹ്മണബാവ എന്ന് പറയുന്നത് ചണ്ടാളഭാവ എന്നത് രണ്ടു വിവരൊക്കെ അവന് മനുഷ്യനായാ മതിയല്ലോ എന്തിനാ ചണ്ടാളനാകും അത് ചണ്ടാളാവുമ്പോഴല്ലേ കൊടുക്കാത്ത മനുഷ്യനായാ കൊടുക്കുമല്ലോ മനുഷ്യനായാ മതി അത് ചെയ്യുന്നെങ്കി അതിന് മനുഷ്യനായാ മതിയെന്ന് അതിന് ചണ്ടാളൻ എന്നുള്ള ലേബലിന്റെ ആവശ്യം കുരു പറയുന്നത് ചണ്ടാളനായിട്ട് ചെയ്യാനോ ബ്രാഹ്മണനായിട്ട് ചെയ്യാനോ അല്ല പറയുന്നത് പിന്നെങ്ങനെ മനുഷ്യനായിട്ട് ചെയ്യാനോ മനുഷ്യൻ എന്നുള്ള ഒരു ലേബല മനുഷ്യനാണല്ലോ അപ്പൊ പിന്നെ ഇവിടെ ചണ്ടാളബാബയുടെ ആവശ്യം തോന്നും ബ്രാഹ്മണബാബയുടെ ആവശ്യം എന്തോന്നു ഈ ബ്രാഹ്മണബാവ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു എന്താണ് വീണ്ടും ഇത്രയൊക്കെ ചെയ്തതിനു ശേഷം അവൻ പിന്നെ അവനെ പിന്നെ ചണ്ടാളനാക്കുന്നു എന്റെ ആവശ്യമില്ല മനുഷ്യനായത് ചണ്ടാളനാകേണ്ട കാര്യ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇവിടെ ഈ പ്രാരബ്ധെന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് ഭക്ഷ്യത്തിന് ചർച്ച ചെയ്യും അതുകൂടെ വന്നു കഴിഞ്ഞാലേ ഈ പറയുന്ന കാര്യങ്ങൾ ക്ലിയറാകത്തുള്ളൂ അത് വരാത്തോണ്ടാണ് പലർക്കും ഈ ഭാഗങ്ങളൊന്നും വ്യക്തമാകാത്ത വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് പരോക്ഷജ്ഞാനം അപരോക്ഷനോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുഴപ്പങ്ങളുണ്ടാകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ തത്വജ്ഞാനമുള്ളവനും അവന്റെ വ്യവഹാരം സാധാരണ വ്യവഹാരം എന്ന് പറയുന്നത് പക്ഷി പോലെ തന്നെയാണ് എന്നുവെച്ചാൽ കാണുന്നതും കേൾക്കുന്നതും കുടിക്കുന്നു പിന്നെ ശാസ്ത്രീയമായ വ്യവഹാരങ്ങൾ വരുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യുന്നു അവൻ കർമ്മകണ്ഡത്തെ ഒഴിവാക്കുന്നു പിന്നെ ബാക്കിയുള്ള വ്യവഹാരങ്ങളും മൃഗങ്ങളെപ്പോലെയല്ല അവൻ എന്തു ചെയ്യുന്നു അവിടെ മര്യാദയൊക്കെ പാലിച്ച് ജീവിക്കുന്നു അവിടെ മൃഗം പോലെയല്ല പ്രത്യക്ഷാതി കാണുക കേൾക്കുക എന്നൊക്കെ ബാക്കി വ്യവഹാരങ്ങളുണ്ട് അവിടെ മര്യാദ അനുസരിച്ച് മനുഷ്യന്റെ മര്യാദ അനുസരിച്ച് അവൻ പ്രവർത്തിക്കും ആ വിവേചനം അല്ല വിവേചനം പാടില്ല വിവേകമെന്ന് പറയും വിവേകപൂർവം അവൻ പ്രവർത്തിക്കുന്നു പിന്നെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇവിടെ അവസരം കൊണ്ടുവന്ന് ഒപ്പിക്കണമെങ്കിൽ എന്ത് വേണം പ്രാരബം കൂടെ കൊണ്ടുവന്നാലേ ഇതെല്ലാം ശരിയാവും അല്ലെങ്കിൽ അദ്വൈതം എന്ന് പറയുന്നത് ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് താഴെ വീഴും അപ്പൊ ഇതിനെ അവസരം കൊണ്ടൊന്ന് ഉറപ്പിച്ചു വെക്കുന്ന ഇവിടെ ചോദ്യത്തിൽ അദ്ദേഹം തകർന്നു എന്താണ് തത്വജ്ഞാനം ഉണ്ടായോ ഉണ്ടായി അധ്യാസം നശിച്ചോന്ന് നശിച്ചു പിന്നെ വ്യവഹാരം ഇല്ല പിന്നെ എങ്ങനെയാ തത്വജ്ഞാനി ഉപദേശിക്കുന്നത് അപ്പൊ പിന്നെ ഒരു വഴിയേ പറയാ അതെന്താണ് അതാ അതാ അത് തന്നെ ഏതാ അത് എന്ന് പറഞ്ഞാൽ അത് ഫോണുകളൊന്ന് ചോദിക്കരുത് എല്ലാരോ ഓ അത് കഴിഞ്ഞു പോയി ശരി